തീർച്ചയായും ഇസ്രായേൽ സന്തതികളിൽ നിന്ന് ഞങ്ങൾ കരാറെടുത്തിരുന്നു അവർക്ക് ഞങ്ങൾ ദൂതന്മാരെ അയക്കുകയും ചെയ്തു ഓരോ തവണയും ഒരു ദൂതൻ അവരുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യവുമായി വന്നപ്പോഴെല്ലാം ഒരു വിഭാഗം അവരെ നിഷേധിച്ചു മറ്റൊരു വിഭാഗത്തെ അവർ കൊലപ്പെടുത്തി